ൈവനത്തിൽ മഹത്വം ലൂക്കൈഡ്സു ശേഷം പത്താം അധ്യായത്തിൽ നിന്ന് നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗം നമുക്കിത് ചിന്തിക്കാം ലൂക്കൈഡ്സു ശേഷം പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം വാർത്തയുടെയും അറിയയുടെയും വീട്ടിൽ കർത്താവ് ചെന്ന് മാർത്ത കത്താവിനെ പരിപാലിക്കുവാനായിട്ട് ഉപകരപ്പെട്ട് മറിയയോ തൻ്റെ കൽക്കല്ലിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു എന്നുള്ള ഭാഗം നമുക്കറിയാം അതേക്കുറിച്ച് അതേ തുടർന്ന് മാർത്ത കത്താവിൻ്റെ സന്നിധിയിൽ വന്ന് തൻ്റെ സഹോദരിയെപ്പറ്റി ഒരു പരാതി പറയുന്ന ഭാഗം നമുക്കറിയാം അതിന് മറുപടിയായിട്ട് കത്താവ് പറഞ്ഞ മറുപടിയിൽ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ ഒരു ഭാഗം മാത്രം നമുക്ക് ചിന്തിക്കാം അവിടെ എങ്ങനെയാണ് പറയുന്നത് എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി അതിൻ്റെ അവസാനം പറയുന്നു ആരും അവളോട് അത് അപഹരിക്കുകയുമില്ല കഥാവ് പറയുന്നത് ഒന്ന് മാത്രം മതി ആരും അവളോടത് അപഹരിക്കുകയില്ല എന്താണ് നമ്മൾ കേട്ടത് അപഹരിക്കപ്പെട്ടു പോകുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ ഈ ഒന്ന് ഏതാണ് ഈ ഒന്ന് ഏതാണ് അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ടു പോകുന്ന കാര്യം എന്താണ് ആരാണ് അപഹരിക്കുക എന്താണ് അപഹരിക്കുക പലപ്പോഴും വരെ നമുക്ക് ഈ കാര്യമാണ് ദൈവഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് ഇതൊരു ഭവനമാണ് കർത്താവിനെ സ്നേഹിച്ചൊരു ഭവനം അല്ലേ എത്ര ഒരു പാവം പിടിച്ച രണ്ട് സഹോദരിമാരാണ് അവർ കർത്താവിനെ സ്നേഹിച്ചു കർത്താവിനെ തന്നെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മാർത്താൻ മുൻകൈ എടുക്കുന്നു നോക്കുക അവിടെ രണ്ട് കാര്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ഒന്ന് മതി എന്ന് കർത്താവ് പറയുമ്പോൾ മറ്റൊരു കാര്യം അപഹരിക്കപ്പെട്ടു പോയേക്കാം എന്ന ഒരു മുൻ മുൻ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് കർത്താവ് എടുത്ത് കാട്ടുക ഒരു മുന്നറിയിപ്പ് ഒരു സഭയിലും നമ്മളെ ഒരു ഭവനത്തിലൊരു സഭയും സഭയിലും ഇങ്ങനെ ആകാം എന്നുള്ള അപകടമാണ് നമുക്ക് കാണേണ്ടത് ഒരു സഭയിൽ തന്നെ രണ്ട് കാര്യങ്ങൾ കർത്താവ് പറയുന്നു ചിലത് മതിയാണ് ഇത് മതി ഇത് മതി മറ്റ് ചിലത് അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം നോക്കുക ഏതിനെപ്പറ്റിയാണ് അപകടം എന്നുള്ള നിലയിൽ കർത്താവ് കാണിച്ചത് ബാഹ്യമായി കാണാവുന്ന ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടുമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ലോകപ്രകാരം അല്ലെങ്കിൽ മാനുഷിക കണ്ണുകൾക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ചിലത് അതിനെപ്പറ്റി എന്താണ് അപഹരിച്ചു പോയേക്കാം അപഹരിച്ചു പോയേക്കാം എന്ന് പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോലും നമ്മൾ നിന്ന് എടുത്തു മാറ്റപ്പെട്ടേക്കാം അപഹരിക്കപ്പെട്ടേക്കാം എന്നുള്ള ആ സത്യത്തിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ഈ വചനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും വിലപിടിച്ചതെന്ന് നാം തോന്നുന്ന ചില കാര്യങ്ങൾ അത് ശരിയായ കാര്യമാകണമെന്നില്ല അല്ലെങ്കിൽ ദറ്റ് മെയിനോട്ട് ടു ബി ദ ഗുഡ് തിങ്സ് അതായിരിക്കണം എന്നില്ല നല്ല കാര്യം എന്നും നമുക്കതിനെ കാണാം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പ്രവൃത്തികളൊന്നും വേണ്ടേ നമുക്കിങ്ങനെ വചനമൊക്കെ പറഞ്ഞ് കഥാവിനോട് സ്നേഹിച്ച് വചനമൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നാൽ മതിയോ പ്രവൃത്തികൾക്കൊന്നും കഥാവിനോട് സ്നേഹത്തിൽ നമുക്ക് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിലയില്ലേ എന്നൊക്കെ നാം പല സംശയങ്ങളും ഈ ഭാഗത്ത് നമുക്ക് ചോ വരുന്നത് നമുക്ക് നമുക്ക് അല്പമായിട്ട് ദൈവം ഇന്ന് പ്രകാശിപ്പിക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായിട്ടും ലോകം കാണുന്നത് പോലെയല്ല ദൈവം കാര്യങ്ങളെ കാണുന്നത് നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ സഭാജീവിതത്തിൽ ദൈവം മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങൾ നാം അറിയണം ഇത് ലോകപ്രകാരം നമ്മൾ ഇതേപ്പറ്റി മനസ്സിലാക്കി നമ്മുടേതായ ഇഷ്ടങ്ങളിൽ നമ്മുടേതായ പ്രാപ്തിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് അപഹരിക്കപ്പെട്ടേക്കാം സ്നേഹമാണ് എന്താണ് കർത്താവിനോട് സ്നേഹമാണ് സഭയെ ഞാൻ സ്നേഹിക്കുന്നു ഭവനത്തെ ഞാൻ കരുതുന്നു അവിടെ എല്ലാം എൻറ്റേതായ രീതിയിൽ കർത്താവിന് കൊടുക്കുവാനായിട്ട് ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഒരു അപകടമുണ്ട് അതാരാണ് അപഹരിക്കുക അത് ലോകം അതിനെ അപഹരിച്ചെന്നിരിക്കാം അല്ലെങ്കിൽ സാത്താൻ അതിനെ അപഹരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജഡം അപഹരിക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് ലോകം അവഹരിക്കുക നാം ചെയ്യുന്ന ഒരു നന്മ പ്രവർത്തികളെ ലോകം അവഹരി അപഹരിച്ച് ലോകം നമ്മെ നമ്മളെ അങ്ങനെ ഉയർത്തിക്കളയും നമുക്കറിയാം ലോകം നല്ല നല്ല പ്രവർത്തികളെ വാഴ്ത്തുന്ന അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ലോകമാണ് നമുക്കുള്ളത് അല്ല ഒരു നല്ല പ്രവർത്തി ഉണ്ടെങ്കിൽ അത് അവരെ പറ്റി നല്ലത് പറയാനും അവരെ അംഗീകരിക്കാനും അവർക്ക് അവാർഡുകൾ കൊടുക്കാനൊക്കെ ലോകം മത്സരിക്കുകയാണ് അപ്പം ലോകം അപകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ വേണം കാണുവാൻ ലോകം നമ്മളെ അംഗീകരിച്ചു കളയും നമ്മളെ അങ്ങ് ബഹുമാനിച്ചു കളയും അവിടെ അവിടെ നാം ആ ലോകത്തിൻ്റെ അംഗീകാരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ആഗ്രഹമെല്ലാം ലോകത്തിലേക്ക് തട്ടിമാറ്റപ്പെടും സാത്താൻ എങ്ങനെ അപകരിക്കുക നല്ല പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മിൽ നിന്നും പുറപ്പെടുന്ന നല്ല പ്രവർത്തികൾ ഞാൻ പറയുന്നത് ആശ്ചര്യമായിട്ട് നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യേണ്ട എന്നല്ല എഫ് എ സി ലേഖനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പഠി പഠിപ്പിക്കുന്നുണ്ട് എന്താണ് നല്ല പ്രവർത്തി നമുക്ക് ആ ഭാഗം ഒന്ന് വളരെ വേഗത്തിൽ നോക്കാം എഫ് ലേഖനം രണ്ടാമധ്യായം ദൈവ മക്കൾ ചെയ്യേണ്ട പ്രവർത്തിയെ പറ്റി വളരെ വ്യക്തതയോടെ ദൈവവോചന നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവിടെ അവിടെ പറയുന്നു ഒമ്പ പത്താം വാക്യം നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശികൾ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ഒരു സംശയവും വേണ്ട നാം അവൻ്റെ കൽപ്പനയായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യേണ്ട നല്ല പ്രവർത്തികൾക്കായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തു കൊടുക്കുവാനുള്ള കണ്ണം നാം ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടേണ്ടവരാകുന്നു എന്നാണ് അത് അത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് എന്നിട്ട് പറയാം നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊക്കി മുന്നൊരുക്കിയിരിക്കുന്നു അപ്പോൾ നോക്കുക ഇത് നാം കേവലം പ്രവൃത്തികൾ ചെയ്യേണ്ട എന്നല്ല നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നാം ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ ലോകത്തിലോ സാത്താനോ അവസരം കൊടുക്കാനിടയുണ്ട് എന്നുള്ള അപകടമാണ് നമ്മളിലൂടെ കാണുന്നത് നോക്കി ഇത് ഇത് ഒരു കൃപയിൽ നിൽക്കാത്ത ഒരു ഒരു വ്യക്തിക്ക് പോലും അഭിഷിക്തനായ ഒരു ആൾക്ക് പോലും ഈ കാര്യങ്ങൾ കാഴ്ചയില്ലാതെ പോയേക്കാം എന്ന് നാം വചനത്തിലൂടെ നമുക്കൊരു ഭാഗം ചിന്തിക്കാം സാമൂൽ ഒന്ന് സാമൂഹൽ ഒന്ന് സാമൂഹൽ പതിനാറിൽ സാവോളിൽ നിന്നും ദൈവം രാജ്യത്വം എടുത്ത് കളയുന്നു അതേ തുടർന്ന് സാമുവലിനോട് ബദ്രഹിമനായ വീട്ടിൽ ഭവനത്തിൽ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നുവെന്ന് കത്താവ് എഹോബ പറയുന്നൊരു ഭാഗമുണ്ട് അവിടെ സാമുവലിനെ അയക്കുകയാണ് ഇസായുടെ വീട്ടിലേക്ക് അവിടെ അവിടെ ഇസായുടെ ഭവനത്തിൽ ഒന്ന് സമൂൽ പതിനാറിൻ്റെ ഭവനത്തിൽ ചേരുന്ന ഏലിയാവ് സോറി സമു അവിടെ ആറാം വാക്യം ഇങ്ങനെ പറയുന്നു അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ട് യഹോബയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തനിതാ എന്ന് പറഞ്ഞു നോക്കുക സാമൽ പ്രവാചകൻ ആരാ കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിച്ച വിശ്വസ്തനായ ഒരു ദൈവദാസൻ ഒരു പ്രവാചകൻ നോക്കുക സാമൽ പ്രവാചകൻ ആ നാട്ടിലേക്ക് വരുമ്പോൾ ബദ്രഹിമിലേക്ക് വരുമ്പോൾ അവിടെ നാലാം വാക്യം വായിക്കുന്നത് പട്ടണത്തിലെ മൂപ്പന്മാർ അവൻ്റെ വരവിൽ വിറച്ചു നോക്ക് ജനം ബഹുമാനിക്കുന്ന ദൈവജനം മുഴുവൻ ആദരിക്കുന്ന ദൈവത്തിൻ്റെ അല്ലപ്പാടിൻ്റെ പുരുഷൻ എന്ന് വിശ്വസിക്കുന്ന ഈ അഭിഷി അഭിഷിക്തൻ നോക്കുക എന്താണോ ഏലിയാബിനെ കണ്ട് പറയുകയാണ് യഹോബയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തനിതാ എന്ന് പറഞ്ഞു അവിടെ നോക്കി ഏഴാം വാക്യം ഉടനെ യഹോബാമുവിനോട് പറയുകയാണ് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് അല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോബയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് പറഞ്ഞു നോക്കുക എത്ര കൃപയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയേണ്ടതിനായിട്ട് നാം ദൈവമുഖത്തേക്ക് നോക്കിയില്ലെങ്കിൽ നോക്കുക ഒരു പ്രവാചകൻ പോലും ദൈവഹിതത്തിൽ നിന്നും മാറിപ്പോകാം ഒരു ഹൃദയത്തെ അറിയാതെ പോകാമെന്നുള്ള ഒരപകടമാണ് നമ്മുടെ കാണുന്നത് നോക്കാം പത്ര ജീവിതത്തിലേക്ക് നോക്കുക പത്ര കത്താവിനെ താൻ പിൻപറ്റുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് തനിക്ക് എല്ലാ അർത്ഥത്തിലും കത്താവിനെ പിൻപറ്റാൻ കഴിയാനുള്ള പിൻപറ്റുവാനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് പത്രോസ് വിശ്വസിച്ചു ഈ നാളുകളിൽ നമ്മൾ ജീവൻ ഒരു ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചു അവിടെ നോക്കി എങ്ങനെയാണ് കർത്താവിനെ കൈകാര്യം ചെയ്ത പത്രോസിൻ്റെ പ്രാപ്തിയെ പത്രോസിൻ്റെ ബലത്തെ പത്രോസിൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ തൻ്റെ തൻ്റെതായ പ്രാപ്തിയെ കത്താവിനോടെക്കേണ്ടതുണ്ടായിരുന്നു അതിനായിട്ട് പരാജയങ്ങളിലൂടെ പത്രസിന് നടന്നു പല പരാജയങ്ങൾ വീഴ്ചകൾ വീഴ്ചകൾ വീഴ്ചകൾ ഒടുവിലോ ഒടുവിലോ വളരെ പാകതയുള്ള തൻ്റെ സഭയെ നയിക്കുവാനായിട്ട് പ്രാപ്തിയുള്ളവനായിട്ട് ദൈവശക്തിയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം പത്രോസിനെ ആക്കിയെടുത്തു നോക്കിയാൽ തൻ്റെ പ്രാപ്തിയെല്ലാം പോയി തൻ്റെ ബലമെല്ലാം പോയി തൻ്റെ പ്രാഗല്ഭ്യമെല്ലാം പോയി തൻ്റെ പ്രാപ്തി എല്ലാം പോയി മറിച്ച് മറിച്ച് എന്താണ് പൊത്രസിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ആ ചരിത്ര ചരിത്രം പറയുന്നത് പോലെ ഈ കത്താവിൻ്റെ വഴിയെ നടക്കാൻ ആഗ്രഹിച്ചവൻ പറഞ്ഞു എൻ്റെ നാഥൻ പോയ വഴിയേ നാഥന ക്രൂശിക്കപ്പെട്ടതുപോലെ ഘഷിക്കപ്പെടാൻ എനിക്ക് അർഹതയില്ല അതുകൊണ്ട് എന്നെ തലകിഴായി ക്രൂശിക്കുക എന്നാണ് പത്ര പറഞ്ഞുവെന്നാണ് ചരിത്രം അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇപ്പോഴത്തെ ദൈവം കത്താവ് കാത്തിരിക്കുന്നതും നമ്മളെ നമ്മുടെ ഈ പ്രാഗൽഭ്യത്തെ നമ്മുടെ ഈ പ്രാപ്തിയെ ഉടച്ച് കത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആ ശബ്ദം കേൾക്കുന്നവരായി മറിയേ പോലെ ഒരു നീടിയായിട്ട് ആവശ്യബോധത്തോടെ കത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാനാണ് കത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം അപ്പം അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീതിൻ്റെ വളരെ പ്രസിദ്ധമായ ദാവീദിൻ്റെ ഹൃദയ നൂറക്കത്തിൻ്റെ ആ സങ്കീർത്തനം നമ്മളത് വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട് അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ എട്ടാം വാക്യം എങ്ങനെയാണ് നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എന്താ ഈ അസ്ഥി അതേസമയം നോക്കിയ ഒരു അല്പം മുമ്പ് മുപ്പത്തി നാലാം സങ്കീർത്തനം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം വാക്യം കത്താമിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് അത് വീണ്ടും ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് അവിടെ എന്താണ് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു വാക്യം അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോയതുമില്ല നോക്ക് കത്താബിനെ പറ്റി പറയുമ്പോൾ അവൻ്റെ അസ്ഥികളെ എല്ലാം സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോയതുമില്ല അല്ലേ സുവിശേഷങ്ങൾ നാം ആ നിലയിൽ കാണുന്നുണ്ടോ കത്താമിൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോയില്ല എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ എന്താണിത് ദാവീതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒടിഞ്ഞ അസ്ഥികൾ ഉല്ലസിക്കുമ്പോൾ ദൈവപുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല എന്താണ് ഇത് വ്യത്യാസം നോക്കാം അവിടെ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആ അധ്യായത്തിൽ തന്നെ ആ അധ്യായത്തിൽ തന്നെ അത് അത് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഇത് പറയുന്നുണ്ട് ആ ആ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അസ്ഥി ഒടിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നത് എന്ന് നാം കാണുന്നു എന്താണ് എന്താണ് യഹോവയുടെ കണ്ണ് പതിനഞ്ചാം വാക്യം നമുക്ക് നോക്കാം യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു നോക്കുക നീതിമാനാണ് നീതിമാൻ്റെ കണ് നീതിമാൻ്റെ മേലെയാണ് കർത്താവിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണ് പക്ഷേ കത്താവിൻ്റെ ചെവി എവിടെയാണ് ചെവി കത്താവിൻ്റെ ശ്രദ്ധ എവിടെയാണ് നിലവിളിയാണ് നീതിമാൻ്റെ നിലവിളിയിലാണ് എന്ന് നാം വായിക്കുന്നു പതിനേഴാം വാക്യം എങ്ങനെയാണ് നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു അതൊരു വിരോധാഭാസമല്ലേ നീതിമാന്മാർ എന്തിനാണ് നിലവിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹിബ്രായ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ കത്താവിൻ്റെ നിലവിളിയും അല്ലേ തൻ്റെ ഐഹിക ജീവിതകാലത്ത് കത്താവ് നമുക്ക് വായിക്കാം നമുക്ക് അവിടെ ഒരു എവിടെയാണെന്ന് പഠിത്തപ്പെടുക ലോകത്ത് പിതാവിൻ്റെ ഇഷ്ടം സമ്പൂർണ്ണമായി നിവർത്തിച്ച കത്താവ് നീതിമാനായിരുന്നപ്പോൾ തന്നെ നോക്കുക തൻ്റെ പ്രാപ്തി തൻ്റെ പ്രാഗല്ഭ്യം എപ്പോഴും പിതാവിലായിരുന്നു അവിടെ നമുക്ക് ആ വാക്യം ഇങ്ങനെ വായിക്കാം എബ്രഹുലേഖനും അഞ്ചാം അധ്യായം ഏഴാം വാക്യം ക്രിസ്തുതൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് കുറച്ച് നിലവിളിയോടും കണ്ണുനിലോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു നോക്കുക ഇവിടെ ആ നിലവിളി കണ്ടോ പിതാവിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിൽ ജീവിച്ചിട്ടും നിരന്തരം പിതാവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നൊരു കർത്താവ് തനിക്ക് തൻ്റെതായൊരു പ്രാപ്തിയില്ല തൻ്റേതായൊരു പ്രാഗല്ഭ്യമില്ല പിതാവിൽ നിന്ന് മാത്രം പ്രാപിച്ച് പിതാവിനെ മാത്രം കേട്ട് പിതാവ് പറയുന്നത് മാത്രം അല്ലെങ്കിൽ പിതാവ് കാണിക്കുന്നത് മാത്രം ചെയ്യുന്നു എന്നാണ് താൻ അതേപ്പറ്റി പറയുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ഈ പ്രാഗൽഭ്യത്തിൻ്റെ ഈ അസ്ഥി സ്വയബലത്തിൻ്റെ സ്വയം നീതിയുടെ ഒരസ്ഥി ഓടിക്കേണ്ടി വന്നില്ല ദാവിദിനെ സംബന്ധിച്ചിടത്തോളമോ അവിടെ താൻ ആ ബലത്തിലായിരുന്നപ്പോൾ താൻ പലപ്പോഴും ആ നിലയിൽ പ്രാഗൽഭ്യമുള്ളവനായിരുന്നപ്പോൾ തൻ്റെ ഹൃദയത്തോട് ചേർന്ന് പുരുഷനാകേണ്ടതിനായിട്ട് ദാവിന്ദിൻ്റെ അസ്ഥി പലപ്പോഴും ഒടിക്കുന്ന സ്വന്തം സ്വയാശ്രയം തൻ്റെ ബലം തൻ്റെ പ്രാഗൽഭ്യം തൻ്റെ പ്രാപ്തി നോക്കി ഇതിനായിട്ടാണ് കർത്താവ് കാത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഐശയ ഏശയ്യ പ്രവചനത്തിൽ ഒരു വാക്യം ശ്രദ്ധിക്കാം ഏശയ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ് മുപ്പത്തൊന്നാം വാക്യം നാൽപ്പത്തിൻ്റെ മുപ്പത്തൊന്ന് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും നമുക്ക് ഇതൊരു കാത്തിരിപ്പാണ് ഒരു കാത്തിരിപ്പാണ് അവിടെ അവിടെ അവർ കഴുകന്മാരെ പോലെ ചിലകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അപ്പോൾ തൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ കത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവനാണ് ശക്തിയെ പുതുക്കുക എന്നാണ് നാം മനസ്സിലാക്കുന്നത് അവിടെ കത്താവ് കണ്ടോ കത്താവോ അവിടെ ഇരുപത്തിരണ്ടാം വാക്യം ഇംഗ്ലീഷ് എങ്ങനെയാണ് കത്താവ് ദൈവത്തെ പറ്റി പറയുന്നത് ഇരുപത്തെട്ടാം വാക്യം ഹി ഡസ് നോട്ട് ബിക്കം വേറി ആൻഡ് ഓർ ടയർഡ് കത്താവ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുക കർത്താവ് നാം ഉട ഉടയപ്പെട്ടവരായിട്ട് നമ്മുടെ തന്നെ പ്രാപ്തിയിൽ ആശ്രയിക്കാത്തവരായിട്ട് നമ്മൾ അറിയേണ്ടതിനായിട്ട് ഗോഡ് ഓൾസോ ഈസ് വെയ്റ്റിംഗ് ദ ലോഡ് ഓൾസോ ഈസ് വെയ്റ്റിംഗ് അതിനായിട്ടാണ് നമ്മെ പല സാഹചര്യങ്ങളിലൂടെ കർത്താവ് നടത്തുന്നത് നമുക്ക് പഴയ നിയമത്തിലൊരു ഒരു രാജാവിനെ പറ്റി യഹൂദ വാണ ഒരു രാജാവ് ആസ ആസായ ജീവിതത്തെ ഒന്ന് കാണുമ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കത്താപൻ തൻ്റെ തന്നെ ബലം എങ്ങനെയാണ് തനിക്ക് വിനയായത് തൻ്റെ തന്നെ പ്രാപ്തി എങ്ങനെയാണ് വിനയ വിനയായത് എന്ന് നമുക്ക് ഒന്ന് വളരെ വേഗം ചിന്തിക്കാം അവിടെ ദിന രണ്ട് ദിനവൃത്താന്തം പതിനാലാം അധ്യായത്തിൽ അവിടെ ആസയെപ്പറ്റി നാം വായിക്കുന്ന യഹൂദാവാണ് ആസ തൻ്റെ വായിച്ചയുടെ മുപ്പത്തഞ്ച് വർഷത്തോളം ദൈവവഴിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ആസ അവിടെ പതിനാലാം അധ്യായം തന്നെ പറ്റി ഇതാണ് ആസ തൻ്റെ ദൈവമായ രണ്ടാം വാക്യം യഹോബയ്ക്ക് ഇപ്പസാദവും ഹിതവുമായുള്ളത് ചെയ്തു എന്നിട്ട് എങ്ങനെയാണ് ദൈവമായി യഹോബയെ അന്വേഷിക്കുവാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ചു നടക്കുവാനുമൊക്കെ തൻ്റെ ജനത്തിന് കൽപ്പന കൊടുത്തു എന്നാണ് നാലാം വാക്യം വായിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തു വേണ്ടിയാണ് അതുകൊണ്ട് ദൈവം ഈ യഹൂദ രാജ്യത്തിന് വളരെ സ്വസ്ഥത കൊടുത്തു ആ ജനം മുഴുവൻ തന്നെ അന്വേഷിക്കുന്നവരും തൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനായിട്ട് ഹൃദയം വെച്ചവരും ആയതുകൊണ്ട് അവർക്കെന്താ ആശായിക്കവിടെ ആ സമയത്തെല്ലാം വിഷമകാലത്ത് അല്ലെങ്കിൽ വിശ്രമമില്ലാതിരുന്ന കാലത്ത് യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിയുവാൻ കഴിഞ്ഞു നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസായിയുടെ ജീവിതത്തിൽ ദൈവം ഒരു പരീക്ഷനുവദിക്കുന്നത് അവിടെ ആസ വളരെ പ്രബലനാണ് ആസായിക്ക് ഇവിടെ പറയുന്നു യഹൂതിരമായ ഏകദേശം മൂന്ന് ലക്ഷത്തോളം യഹൂദീരം എട്ടാം അങ്ങനെയാണ് വില്ല കുലയ്ക്കുവാൻ വില്ല കുലയ്ക്കുവാനും പ്രാപ്തരായി രണ്ട് ലക്ഷത്തി എൺപതിനായിരം ബെന്യാമീനുമുള്ളൊരു സൈന്യമുണ്ടായിരുന്നു അവരെല്ലാവരും പരാക്രമശാലികളാണ് അപ്പം നോക്കുക വളരെ ശക്തമായൊരു സൈന്യം തനിക്കുണ്ട് അങ്ങനെ ഇരിക്കേ ഒമ്പതാം വാക്യത്തിൽ നാം കാണുന്ന കൂശ്യനായ സേരഹ് വലിയ പത്തുലക്ഷം ആളുകളും മുന്നൂറ് രഥവുമുള്ള സൈന്യത്തോടു കൂടി അവിടെ തന്നെ പുറപ്പെട്ടു അവിടെ ആസാ പരാക്രമശാലികളായ സൈന്യത്തെ പറ്റിയൊരു ബലമില്ലായിരുന്നു ആസ എന്താണ് ചെയ്തത് ഈ ദൈവവഴിയിൽ നിന്നപ്പോൾ ഈ ആശ ഓടി നോക്കുക പതിനൊന്നാം വാക്യം തൻ്റെ ദൈവമായി യഹോവയെ വിളിച്ച് എന്താണ് അപേക്ഷ യഹോവേ പതിനൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരും ഇല്ല ഞങ്ങളുടെ ദൈവവുമായി യഹോവയെ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷത്തിൽ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു യഹോവേ നീ ഞങ്ങളുടെ ദൈവം മർത്തി നിന്റെ നേരെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ തൻ്റെ സൈന്യബലമല്ല ആസ ആശ്രയിച്ചത് അവിടെ തൻ്റെ പ്രാപ്തിയിൽ ആശ്രയിക്കാതെ നോക്കുക ദൈവവും പാകെ പറയുക ഒരു ബലഹീനനും ബലവാനും തമ്മിൽ കാര്യമുണ്ടായാൽ പിതാവേ അങ്ങാണ് അങ്ങാണ് ആശ്രയം തൻ്റെ ബുദ്ധിയിലോ തൻ്റെ ശക്തിയിലോ ആശ്രയിക്കാതെ ആസ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ അവിടെ എന്താണ് പതിമൂന്നാം വാക്യം എങ്ങനെയാണ് വഹിക്കുന്നത് അവർ യഹോവയുടെയും അവൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പാകെ നശിച്ചു നമുക്ക് അവിടെ ദൈവമാണ് ആ സൈന്യത്തെ ഓൺ ചെയ്യുന്നത് ആസായുടെ ഇതേ സൈന്യത്തെ വെച്ച് അത് യഹോബയുടെയും അവൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പാകെ നശിച്ചു പോയി ദൈവം വളരെ വലിയൊരു വിജയം അവർക്ക് കൊടുക്കുകയാണ് നമുക്ക് അങ്ങനെ ദൈവം മുമ്പാകെ നിന്ന് ദൈവഭയത്തിൽ ജീവിച്ച ആസ അതേ തുടർന്ന് നോക്ക് അവിടെ ജെറുസലേം അവിടെ യഹൂദയിൽ വലിയൊരു ഒരു എന്താ റിവൈവൽ ഉണ്ടാകുക ഒരു ഒരു ഉണർവ് ഉണ്ടാവുകയാണ് പതിനഞ്ചാം അധ്യയം അതേപ്പറ്റിയാണ് പറയുന്നത് അവിടെ അസദ്യാമൻ്റെ മേൽ ഒന്നാം ഉദയത്തിൻ്റെ മകനായ അസദ്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു അവിടെ അങ്ങനെ പ്രവാചകൻ പറയുന്നു നിങ്ങൾ യഹോബയോ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കുകയും ആസാദ് വലിയൊരു വലിയൊരു ഉണർവായിട്ട് ആ ദേശം അത് അത് പടർന്നു പിടിക്കുകയും എല്ലാവരും ദൈവത്തെ ഭയപ്പെടുകയും അവ പൂജാഗിരികളിൽ നിന്നെല്ലാം അവരുടെ വിഗ്രഹങ്ങളെയെല്ലാം ഉടച്ച് വളരെ തീക്ഷ്ണതയോടെ ദൈവത്തെ അന്വേഷിച്ചു എന്നിട്ട് ആസാ പറയുക പൂർണ്ണ മനസ്സോടെ പതിമൂന്നാം വാക്യം പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിൻ്റെ ദൈവവുമായ യഹോവയെ അന്വേഷിക്കാത്തവൻ മരണശിക്ഷി അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു എല്ലാ യഹൂദനും സത്യനിമിത്തം സന്തോഷിച്ചു എന്നാണ് പറയുന്നത് നോക്കുക എവിടെ വരെ പോയി പതിനാറാം വാക്യം എങ്ങനെയാണ് ആസാ രാജാവ് തൻ്റെ അമ്മയായ മയഖയെയും അവൾ അശേരയ്ക്ക് ഒരു മലേക്ഷ വിഗ്രഹം ഉണ്ടാക്കിയത് കൊണ്ട് രാജ്ഞിസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു നോക്കെത്ര എത്ര ഒരു കോംപ്രമൈസില്ല ദൈവവചനത്തിൻ്റെ മുമ്പിൽ താൻ ഒരു കോംപ്രമൈസും തൻ്റെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും അവിടെ നോക്ക് ആ നീക്കം ചെയ്തു എന്നിട്ട് അതേ തുടർന്ന് പറയുന്നു എൻ്റെ ഹൃദയം അവൻ്റെ ജീവിതകാലത്തൊക്കെയും ഏകാഗ്രമായിരുന്നു എവിടം വരിക തൻ്റെ വാഴ്ചയുടെ മുപ്പത്തഞ്ചാം സംവത്സരം നോക്കവിടെ അവിടെ ഒരു കാര്യം സംഭവിച്ചതായിട്ട് കാണുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേൽ രാജ്യം വടക്കൻ രാജ്യം അന്ന് ദൈവഭയമില്ലാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ കീഴിൽ ആ രാജ്യം ദൈവഭയമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആസയുടെ ഈ രാജ്യത്തെ റിവൈവല് കണ്ട് അല്ലെങ്കിൽ ഈ സഭയിലെ ആ ദൈവ സാന്നിധ്യവും ദൈവ നിറമവും കണ്ട് നമുക്ക് ഇസ്രയേലിൽ നിന്ന് അനേകർ അനേകർ ആസായുടെ ഈ രാജ്യത്തേക്ക് കടന്നു വരികയാണ് ഇവിടെ അങ്ങനെ ഇങ്ങനെയാണ് ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് യഹോവ അവനോടുകൂടി ഉണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു ഇതൊരു സഭയുടെ നിഴലാണ് വീണ്ടും നമുക്ക് ദൈവഭയമുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ നോക്ക് അനേകം പേര് സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മറ്റ് ഏകാഗ്രതയില്ലാത്ത അല്ലെങ്കിൽ ദൈവസ്നേഹമില്ലാത്ത ബാഹ്യമായ ചട്ടക്കൂട് മാത്രമുള്ള സഭകളിൽ നിന്നെല്ലാം ആൾക്കാർ പൊഴിഞ്ഞ് ഈ ദൈവത്തെ അന്വേഷിക്കുന്ന സഭയിൽ വന്നേക്കാം നല്ല കാര്യമല്ലേ പക്ഷെ നോക്കുക എവിടെയാണ് പതിനാറാമധ്യായം വളരെ ദുരന്തത്തിലേക്ക് വീണ്ടും ആശ പോകുന്നതായിരുന്നു നാം കാണുന്നു അവിടെ ഇസ്രയേൽ രാജാവായ ബയേശ ഈ ആശയുടെ അടുക്കൽ എന്തോ ഈ വര ഒഴുക്കെന്ന് നിർത്തണം നമ്മുടെ സഭയിൽ നിന്ന് പേര് ഒഴിഞ്ഞു പോവുക ആ സഭയിൽ പോയി കയറുക മറ്റൊരു സഭയിൽ അങ്ങോട്ട് ആദ്യം നിർത്തണം അവിടെ നോക്കുക അവിടെ റാമ എന്ന പട്ടണം അവിടെ കെട്ടി രാമയെ പണമുറപ്പിച്ചു ഈ ഇസ്രയേൽ രാജാവായ ബയേശ അവിടെ ആസ എന്ത് ചെയ്തു അവിടെ പതിനഞ്ചാം അധ്യായത്തിൽ കണ്ടേ ആ ദൈവഭക്തി ദൈവഭയം കത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ താൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പോയി മുട്ട അവിടെ ഒരു കാര്യം ചെയ്തു ആസ അപ്പോൾ രണ്ടാം വാക്യം യഹോബയുടെ ആലയത്തിലെയും രാജധാനിയിലെ ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്ത് ദമശക്കിൽ വസിച്ച് ആരാം രാജാവായ ബെൻഹാദിനെ കൊടുത്തയച്ചു നോക്കുക ദൈവസഭയിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്നുള്ള ആ വെള്ള വെള്ളിയും പൊന്നുമൊക്കെ എടുത്ത് നോക്കവിടെ ഒരു ജാതീയ രാജാവിന് കൊടുത്ത് ഒരു ബുദ്ധിയൂടെ പറഞ്ഞു നീ എന്തു ചെയ്യണം അവിടെ പറയാം മൂന്നാം വാക്യം ഇസ്രായേൽ രാജാവായ ബേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിൻ്റെ സഖ്യത ത്യജിക്കണം ഈ രണ്ട് രാജാക്കന്മാർ സഖ്യതയിലാണ് ഇസ്രയേൽ രാജാവും ഈ ബെൻഹ ബെൻഹദും രമ്യതയിലാണ് നീ പോയി അവനുമായിട്ട് സഖ്യതയും ത്യജിക്കണം അതിനായിട്ട് പ്രതിഫലമായിട്ട് ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൈവം വിലമതിക്കുന്ന കാര്യങ്ങളെ എടുത്ത് ജാതികളുമായിട്ട് ഇഴചേർന്ന് അവരുടെ മുമ്പിൽ അത് കാണിക്കുകയായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം അവിടെ കാണുന്നു അപ്പോൾ അത് അതനുസരിച്ച് ഹാദ് ഇങ്ങനെ ആസാരാജാവിൻ്റെ വാക്ക് കേട്ടിട്ട് അങ്ങനെ ചെയ്തു അഞ്ചാം വാക്ക് നമ്മൾ വായിക്കുന്നു ബയേശ അത് കേട്ടപ്പോൾ രാമയെ പണിയും തന്നെ പ്രവൃത്തി നിർത്തി വെച്ച് നോക്കുക വിജയിച്ചു രാജാവിൻ്റെ തന്ത്രം ആശായുടെ തന്ത്രം വളരെ വളരെ വിജയകരമായിട്ട് പരിവസാനിച്ചു അവിടെ നോക്കാം അവിടെ നമ്മൾ വായിക്കുന്ന ആസാ രാജാവ് യഹൂദരെയൊക്കെയും കൂട്ടി ബയസാ രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ട് പോയി എന്നാണ് നം അവിടെ ആ ഭീഷണിയെല്ലാം ഒഴിവാക്കി തൻ്റെ രാജ്യത്തെ താൻ രക്ഷിക്കുന്ന ഒരു ഒരു പ്രവൃത്തി അവിടെ ചെയ്തു അപ്പോൾ നമ്മൾ ഏഴാം ഇങ്ങനെ വായിക്കുന്നു ദർശകനായ ഹനാനി ആസായുടെ മുമ്പിൽ വരികയാണ് അവൻ പറഞ്ഞു നീ നിര ദൈവമായി യഹോവയിൽ ആശ്രയിക്കാതെ ആ രാം രാജാവിനെ ആശ്രയിക്കൊണ്ട് ആ രാംരാജാവിൻ്റെ സൈന്യം നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു തുടർന്ന് എട്ടാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെയാണ് പ്രവാചകൻ പറയുന്നത് യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിതരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലമാണെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു നോക്കുക എന്താണ് ആശ്രയിക്കാൻ പറ്റിയത് ദൈവം ഇവിടെ പറയുന്നത് യഹോയുടെ കണ്ണ് എവിടാണ് ആയിരിക്കുന്നത് തന്നെത്താൻ ബലമാണ് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ച് ഭരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ കത്താവാണ് എന്ന് വിശ്വസിക്കുന്നവരെ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ തന്നിലേക്ക് ഏകാഗ്രചിതരായി നോക്കിക്കൊണ്ടിരിക്കുന്നവരെ സംരക്ഷിക്കേണ്ടതിനായിട്ടാണ് ദൈവമായിരിക്കുന്നതെന്നാണ് ഇവിടെ നാം വായിക്കുന്നത് നമുക്ക് അതേ തുടർന്ന് വളരെ ദുഃഖകരമായ ഒരു ഒരു ചരിത്രമാണ് ആസായിക്കൊള്ളത് തൻ്റെ തൻ ദീനം വലിയ കഠിനമായ ദീനം ബാധിക്കുന്നു അവിടെ ആ നമ്മൾ പതിനാം പന്ത്രണ്ടാം വാക്യം എങ്ങനെയാണ് എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാരെ അത്രയെ നാം വായിക്കുന്നു നമുക്ക് എത്ര എത്ര നല്ല തുടക്കം മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്തയ്ക്ക് ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആറു വർഷം എത്ര വലിയ പരാജയത്തിലേക്ക് ആസ പോയി എന്താണ് പറ്റിയത് ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ട് തൻ്റെ തന്നെ പ്രാഗൽഭ്യത്തിലും തൻ്റെ തന്നെ ബുദ്ധിയിലും തൻ്റെ തന്നെ പ്രാപ്തിയിലും ആശ്രയിച്ചപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാശാപൂർണ്ണമായും മാറിപ്പോയി വരെ നാം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് ഇന്നലെ വരെ ഞാൻ ദൈവകൃപയിലായിരുന്നു എന്ന് പറയാം പക്ഷെ ഇന്ന് നമ്മുടെ കണ്ണവിടെയാണ് മറിയേ പോലെ കത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കത്താവുമായുള്ള കൂട്ടായ്മയ്ക്കൊന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം ഒരുപാട് ക്രിസ്തീയ പ്രവർത്തികളിലൊക്കെ ഞാൻ വ്യാപകനായിട്ട് കത്താവിനോട് സ്നേഹത്തിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകാനുള്ള അപകടം എൻ്റെ ജീവിതത്തിൽ നാം കാണണം അപ്പോൾ കത്താവിൽ ശക്തിപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ബലഹീനനാകുന്നൊരു കാര്യമാണ് നാം കേട്ടത് അല്ലേ അതല്ലേ ഫിലിപ്പി ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക നമ്മൾ തന്നെ ശക്തിയിൽ ശ്രയിക്കാതെ നാം നമ്മുടെ ഇഷ്ടങ്ങളെ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് വെച്ചുകൊടുക്കുമ്പോൾ എന്തറിയും ഇവിടെ ഫിലിപ്പിൻ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല അവനെയും അവൻ്റെ പുനരുദ്ധാര ശക്തിയെയും തൻ ലേഖാകനായിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അറിയും അവിടെയാണ് ദൈവഹിത ജീവിതത്തിലേക്ക് നമ്മളെ നമ്മൾ നമുക്ക് വരാൻ പറ്റുക പിന്നെ നമുക്കിങ്ങനെ ഇതിനെ പറയാം ഇത് നാം ബോധപൂർവമുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഇത് നാം തിരഞ്ഞെടുക്കാനൊരു വഴിയാണ് അല്ലെങ്കിൽ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാത്തിരിപ്പാണ് ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കാതെ എൻ്റെ പ്രവൃത്തികളുടെ മുഴുവൻ ഉടമസ്ഥ ഞാനാകാതെ ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു കത്താവേ എന്താണ് എൻ്റെ ജീവിതത്തിലൂടെ നീ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ലേ അപ്പം നാം ബോധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് കർത്താവ് ഈ ദൈവജനം നാം കാണുന്നതാണ് മറിയെക്കുറിച്ച് കർത്താവ് പറയുന്നു മറിയ നല്ലത് നല്ലത് തിരഞ്ഞെടുത്തു നമുക്ക് മറിയ തിരഞ്ഞെടുക്കുക ചെയ്തത് മറിയ നല്ലത് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ വഴിയാണ് അതൊരു വഴിയാണ് രണ്ട് സാധ്യതകളുടെ ഇടയിൽ നാം എടുക്കുന്ന ഒരു ഒരു കണ്ടെത്തലാണെങ്കിൽ തിരഞ്ഞെടുപ്പാണ് വീണ്ടും ജീവൻ വഴിയിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് മറിയയുടെ മറിയ തന്നെ ഈ രണ്ട് വ്യക്തികളെ ആ ഒരു പ്രവൃത്തിയുടെ നോക്കുക അതേ തുടർന്നുള്ള അവരുടെ ജീവിതം നോക്കുക അവിടെ നാം ലൂക്കായ സുവിശേഷം പത്താം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചപ്പോഴും അറിയാം ആ കലക്കൽ ഇരിക്കുന്ന ഒരു മറിയെയാണ് നാം കാണുന്നത് അവിടെ ആ ജീവൻ വഴിയിലെ എഴുത്തുകാരൻ പറഞ്ഞു യോഹനാന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും ആ ലാസന ഉയർപ്പിക്കേണ്ടതിനായിട്ട് അല്ലെങ്കിൽ മരിച്ച ആ സാഹചര്യത്തിൽ കർത്താവ് വന്നപ്പോഴും കർത്താവിനെ കണ്ടപ്പോൾ അറിയുക അവൻ്റെ കലക്കൽ വീണു കത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് പറയുമ്പോൾ കാൽക്കൽ വീണ ഒരു മരിയ മറിയപ്പോഴും കൽക്കലാണ് പന്ത്രണ്ടാം അധ്യായത്തിലും അല്ലേ നമുക്കറിയാവുന്ന ആ ഭാഗത്തും പന്ത്രണ്ട് പന്ത്രണ്ടാം അധ്യായത്തിലും കത്താവിൻ്റെ കാൽക്കല്ല വെങ്കൽ ഭരണി മുഴുവൻ പൊട്ടിച്ചൊഴിക്കുമ്പോഴും ആ കലക്കൽ കാലക്കൽ തൻ്റെ ജീവിതം എപ്പോഴും കത്താവിൻ്റെ കൽക്കലാണ് അതേസമയം വാർത്തയോ മാർത്ത അവിടെ നാം വായിക്കുന്നു പത്താം അധ്യായത്തിലും ഇപ്പോൾ വായിച്ച ലോക്ക് അനുസരിച്ച ശേഷം പത്താം അധ്യായത്തിലും മാർത്ത ശുശ്രൂഷ ശുശ്രൂഷകയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നൊരുവൾ പന്ത്രണ്ടാം ലാസറിനെ ഉയർപ്പിച്ച ശേഷം ഭവനത്തിൽ ചെല്ലുമ്പോഴും അവിടെയും നാം കാണുന്നത് യോഹന അനുസരിച്ച ശേഷം പന്ത്രണ്ടാം കാണുന്നു മാർത്ത ശുശ്രൂഷിച്ചു അവിടെ പതിനൊന്നാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിനെ സംബന്ധിച്ച് കർത്താവ് പറയുമ്പോൾ അവിടെയും മാർത്തയുടെ ഡോക്ടറിനലായിട്ടുള്ള ആ ഒരു ആക്യുറസി വളരെ കൃത്യമായിട്ട് കർത്താവിനോട് സംവാദത്തിലാണ് തീർച്ചയായിട്ടും ഞാൻ അറിയുന്നു കർത്താവെ കൊടുക്കത്തെ നാളെ പുനരുദ്ധാനം ചെയ്യും നമുക്ക് തൻ്റെ ഒക്കെ ഒത്തിരി ആശയങ്ങളുണ്ട് താൻ കേട്ടതെല്ലാം തൻ്റെ ഹൃദയത്തിലല്ല തൻ്റെ ബുദ്ധിയിലുണ്ട് നമുക്ക് ഡോക്ടറിനലായിട്ടുള്ളൊരു പെർഫെക്ഷൻ പക്ഷേ ഹൃദയപ്രകാരമുള്ളൊരു വ്യക്തിയാകുവാനായിട്ട് മറിയേ പോലെ കഴിഞ്ഞില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ കർത്താവിൻ്റെ ജീവിതത്തോട് നോക്ക് കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ആ അധ്യായത്തിൽ തന്നെ ലാസറിനെ ഉയർത്ത് ഉയർത്തെ കർത്താവ് നോക്കുക അവിടെ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലാസറ് ദീനമായി കിടക്കുന്നുവെന്ന് താൻ അറിയുമ്പോൾ യേശു പറയുന്ന മറുപടിയിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമാണ് ചെയ്യാൻ പോകേണ്ട ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പിതാവ് വ്യക്തമായും യേശുവിനൊരു മുൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് കത്താവോട് പറയുന്നു പതിനൊന്നിൻ്റെ നാലില് ഈ ദീനമായി കിടക്കുന്നതെന്ന് കേട്ടപ്പോൾ യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്തപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് പറഞ്ഞു താഴേക്കും വരുമ്പോൾ കത്താവ് ഞാൻ എൻ്റെ സ്നേഹിതനായ ലാസർ പതിനൊന്നാം വാക്യത്തിലും എങ്ങനെയാണ് പറയുന്നത് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു നോക്ക് അവിടെ പിതാവിൽ നിന്നും വ്യക്തമായി കാര്യങ്ങൾ കത്താവ് മനസ്സിലാക്കിയിരുന്നു അതേ തുടർന്ന് നാല് ദിവസത്തിന് ശേഷം കത്താവ് അവിടെ തിരിച്ച് തിരിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നു അറിയാൻ കാൽക്കൽ വഴുന്നു വാർത്ത ഈ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നോക്കുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തതയുണ്ടായിട്ടും മുപ്പത്തിരണ്ടാം വാക്യം മുപ്പത്തിമൂന്നാം വാക്യം അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി താഴേക്ക് വരുമ്പോൾ വ വജ തിരുവചനത്തിലെ ഏറ്റവും ചെറിയ വാക്യമായിട്ട് മുപ്പത്തഞ്ചാം വാക്യം ഈ ജീസസ് വെപ്റ്റ് യേശു കണ്ണിർ വാർത്തു നമുക്ക് താൻ എത്രയും എത്രയോ ഒരു വിരോധാഭാസമാണ് താൻ ഉയർപ്പിക്കാൻ പോവുകയാണ് ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് തൻ്റെ അസ്ഥികളൊന്നും ഒടിയാനുണ്ടായിരുന്നില്ല താൻ ചെയ്യാൻ പോകുന്ന അത്ഭുത പ്രവൃത്തി പിതാവ് തന്നോട് ചെയ്യും ചെയ്യുമ്പോഴും ചെയ്യും ഉറപ്പുള്ളപ്പോഴും തൻ്റെ തന്നെ പ്രാഗൽഭത്തിൽ നിൽക്കാതെ തൻ്റെ തന്നെ പ്രാപ്തിയിൽ നിൽക്കാതെ താൻ തികച്ചുമൊരു മനുഷ്യനായിട്ട് ആ സാഹചര്യ കർത്താവനെ നാം കാണുന്നു ഞ്ഞു അവളിൽ ഒരുവനായിട്ട് നോക്ക് എത്രമാത്രം പ്രാഗല്ഭ്യമില്ലാത്തവനെ പോലെ ഇപ്പോഴവരെ ദൈവത്തിൻ്റെ പ്രാഗൽഭ്യത്തിൽ മാത്രം പിതാവിൻ്റെ പ്രാഗൽഭ്യത്തിൽ മാത്രം പിതാവിൻ്റെ പിതാവിൽ നിന്ന് മാത്രം പ്രാപിച്ച് കൊടുക്കുവാൻ ആഗ്രഹിച്ചൊരു കർത്താവ് അതായത് നമ്മളാ ധനവാനായ ചെറുപ്പക്കാരനെന്ന് പറയുമ്പോൾ നല്ലവനായ ഗുരു എന്ന് പറയുമ്പോൾ നീ എന്തിനെ നല്ലവനെന്ന് വിളിച്ചു പിതാവില്ലാതെ നല്ലവനായി ആരുമില്ല എന്ന് പറയുമ്പോൾ ഈ കാര്യമല്ലേ കത്താവ് പറഞ്ഞത് പിതാവിനെ ആശ്രയിച്ച് ആശ്രയിച്ച് മാത്രം മുമ്പോട്ട് പോകുന്ന കത്താവ് ഫേബ്രുവരി അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോവുകയില്ല കത്താവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കി കതാവിൻ്റെ ജീവിതത്തെ നോക്കി നമുക്ക് പറയുവാൻ കഴിയും അവനിൽ നിന്ന് ഒടിക്കേണ്ടതൊന്നും പിതാവിനുണ്ടായിരുന്നില്ല കൊലേഖനത്തിൽ നാം ആ കാര്യം കാണുന്നു അല്ലേ അവിടെയും പറയുന്നു നമ്മൾ പറഞ്ഞു തിരഞ്ഞെടുപ്പാണ് അവിടെയും നാം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു എന്നാണ് നാം വായിക്കുന്നത് കുറയുന്ന ലേഖനം ഒന്നാം അധ്യായം കത്താവിൻ്റെ ജീവിതവുമായിട്ട് കത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എങ്ങനെയാണ് ഇരുപത്തേഴ് ഒന്നിൻ്റെ ഇരുപത്തേഴ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഫോഷസ്ഥമായ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനതമായ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനമായതും നികിഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പാണ് നാം തന്നെ നമ്മുടെ ബലഹീന തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനായിട്ടാണ് കർത്താവിന് ശക്തി കർത്താവിന് നമ്മളിൽ കത്താവ് ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഈയൊരു പ്രാഗല്ഭ്യം ഈ ഒരു പ്രാപ്തി നാം വിട്ട് കളയണം ഈ പ്രാപ്തി അപ്പം ഈ നമുക്ക് വേണ്ടത് ഈ പ്രാപ്തിയെ പറ്റിയുള്ളൊരു ഒരു ഒരു തിരിച്ചറിവാണ് രണ്ട് കുറേ ലേഖനം അഞ്ച് മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നു അല്ലേ നമ്മുടെ പ്രാപ്തി ദൈവത്തിൽ നിന്ന് നമ്മുടെ പ്രാപ്തി ദൈവത്തിൽ നിന്നാണ് നമ്മൾ പ്രാപ്തി ദൈവത്തിൽ നിന്നാണ് ഇതാണ് നാം മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മളിൽ നിന്നല്ല നമ്മുടെ പ്രാപ്തി നമുക്കുള്ള എല്ലാ കഴിവുകളും ദൈവത്തിൻ്റെ ദാനമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമായി ദൈവം നമ്മൾ ചെയ്യുന്ന ആ കാര്യമാണ് രണ്ടാം രണ്ട് കുറേ എട്ടാം അധ്യായത്തിൽ നിന്നൊരു വാക്യം ഇവിടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം രണ്ടാമധ്യായം രണ്ട് കുറേത് എട്ടാം അധ്യായം ഒമ്പതാം വാക്യം എങ്ങനെയാണ് നമ്മുടെ കഥാവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തേർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഒക്കെ ഒരു വലിയ സ്പിരിച്വൽ പ്രിൻസിപ്പളാണ് അവർ പറയുന്നത് അവിടെ അവിടെ എന്താണ് നാം വായിക്കുന്നത് ദരിദ്രനാകേണ്ടതിന് ആയിത്തീർന്ന കൃപ അപ്പം ദൈവത്തിൻ്റെ കൃപ നാം പ്രാപിക്കേണ്ടത് ഈ ഒരു ദാരിദ്ര്യം ഈ ആത്മീയമായ ഈ ദാരിദ്ര്യം നമ്മൾ വരുവാനാണ് ദൈവത്തിൻ്റെ കൃപ ആവശ്യം ഇവിടെ തൻ്റെ താൻ താൻ തന്നെ നമുക്ക് വേണ്ടി സമ്പന്നരാക ആകേണ്ടതിന് നാം നിമിത്തം ദരിദ്രനായിത്തീർന്നതാണ് കൃപ പ്രിയപ്പെട്ട ഒരു കൃപ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഈ നിലയിൽ നമ്മുടെ പ്രാഗല്ഭ്യങ്ങളും നമ്മുടെ നമ്മുടെ പ്രാപ്തിയും എല്ലാം ഇല്ലാതാകുന്ന വിധം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ മേലെ കൃപ തരട്ടെ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കെങ്ങനെ ഇതിനെ പറഞ്ഞു നിർത്താം നാലാമധ്യായം രണ്ട് കുറയുന്ന നാലാമധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ ഇങ്ങനെ നാലാമധ്യായത്തിൽ പതിനഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കാം കൃപഫലിലും പെരു പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലതും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കെ പ്രാപിക്കുന്നു നോക്കുക ഈ നിലയിൽ നമ്മൾ തന്നെ നമ്മുടെ തന്നെ സ്വയം ബലത്തിലും സ്വയം ശക്തിയിലും സ്വയം പ്രാപ്തിയിലും നാം ബലപ്പെടാതെ അവിടെ നമ്മുടെ ബാഹ്യ മനുഷ്യൻ നമ്മുടെ ജടത്തിൻ്റെ എല്ലാ ബലങ്ങളും ദൈവകൃപയിൽ അതില്ലാതാകുമ്പോൾ നമ്മുടെ ആന്തരികമായ മനുഷ്യൻ ആന്തരിക മനുഷ്യൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് ദൈവഹിതം ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ഒരു ഹൃദയം നാം പ്രാപിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ നാളുകളിൽ ദൈവം സമൃദ്ധമായിട്ട് ആ നിലയിൽ നമ്മളെ ദൈവം സഹായിക്കട്ടെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായിട്ട് അറിയ പോലെ ഒരു കാര്യം മാത്രം അല്പം മാത്രം അല്പം മാത്രം ദൈവസന്നിധിയിൽ ദൈവവുമായുള്ള കൂട്ടായ്മയെ മറ്റെന്തിനും ഉപരി വിലമതിക്കുന്ന മക്കളായിട്ട് നമുക്കിരിക്കാം സഭയെ നമ്മ സഭയിൽ നമുക്കായിരിക്കാം നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം ആ നിലയിലുള്ള മാതൃക ദൈവത്തിന് നമ്മൾ നമ്മൾ ചെയ്യുവാൻ കഴിയട്ടെ അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം